നിങ്ങളവർക്ക് ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരാതിരുന്നാൽ അവർ ചോദിക്കും നീ അത് തെരഞ്ഞെടുത്തു കൊണ്ടുവരാമായിരുന്നില്ലേ പറയുക എന്റെ രക്ഷിതാവിൽ നിന്ന് എനിക്ക് വെളിപ്പെടുത്തപ്പെടുന്നത് മാത്രമേ ഞാൻ പിന്തുടരുന്നുള്ളൂ ഇത് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള ഉൾക്കാഴ്ചകളും നേർവഴിയും വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് കാരുണ്യവുമാണ്